അധ്യായം ഇരുപത്തിയേഴ് ഇസ്രയേൽ പുത്രന്മാർ ആളെണ്ണ പ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകലമാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ പോന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തിനാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാംകൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യശോബെയ അവന്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിന്റെ പുത്രന്മാരിലുള്ളവനും ഒന്നാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹൂഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത് പ്രമാണിയുമായിരുന്നു അവന്റെ കൂരിലും ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് തലവനുമായ ബനായാവ് ഇവൻ തന്നെ അവന്റെ കൂറിന് അവന്റെ മകനായ അമ്മീസാബാദ് പ്രമാണിയായിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സെബദ്യാവും ആയിരുന്നു അവന്റെ കൂരിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹിയനായ ഷംഹൂദ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവിയനായ ഇക്കേശിന്റെ മകൻ ഈര അവന്റെ കൂറിലും ായിരം പേർ ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രൈമരിൽ പെലൂന്യനായ ഹേലസ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹേരിൽ പൂശാത്യനായ സിബെഖായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ ബെന്യാമീന്യരിൽ അനാഥോത്യനായ അബിയേസർ അവന്റെ കൂറിലും ായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹ്യിൽ നെത്തോഫാത്യനായ മഹാരായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തവൻ എഫ്രൈമിന്റെ പുത്രന്മാരിൽ പിരാധോന്യനായ ബനായാവ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തവൻ ഒത്നിയലിൽ നിന്നുഭവിച്ച നെതോഫാത്യനായ ഹെൽദൈ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂപന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയസ് ഷിമയോന്യർക്ക് മയഖയുടെ മകൻ ഷെഫത്യാവ് ലേവ്യർക്ക് കെമുവേലിന്റെ മകൻ ഹസബ്ദ്യാവ് അഹരോന്യർക്ക് സാദോ യഹൂദയ്ക്ക് ദാവിദിന്റെ സഹോദരന്മാരിൽ പൊരുത്തനായ എലിഹു ഇസഖാരിന് മീഖായേലിന്റെ മകൻ ഒംറി സെബൂലൂന് ഒപദ്യാവിന്റെ മകൻ ഇഷ്മ നഫ്താലിക്ക് അസ്രിയേലിന്റെ മകൻ എരിമോത്ത് എഫ്രൈമർക്ക് അസസ്യാവിന്റെ മകൻ ഒശയാ മനശയുടെ പാതിഗോത്രത്തിന് പെതായാവിന്റെ മകൻ യോവേൽ ഗിലയാദിലെ മനശയുടെ പാതിഗോത്രത്തിന് സഖരിയാവിന്റെ മകൻ ഇദ്ദോ ബെന്യാമീന് അബ്നേറിന്റെ മകൻ യാസിയേൽ ാന് യരോഹാമിന്റെ മകൻ അസരയേൽ ഇവർ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാർ ആയിരുന്നു എന്നാൽ യഹോവ ഇസ്രയേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല അതുനിമിത്തം ഇസ്രയേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവിദരാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല രാജാവിന്റെ ഭണ്ണാരത്തിന് അദിയേലിന്റെ മകനായ അസ്മാവേത് മേൽവിചാരകൻ നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡികശാലകൾക്ക് ഉസിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ വയലിൽ വേല കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ എസ് റി മേൽവിചാരകൻ മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ശിമയി മുന്തിരത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് സിമ്യനായ സബ്ദിയും മേൽവിചാരകൻ ഒലിവൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചുവെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ ോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ ഒട്ടകങ്ങൾക്ക് ഇഷ്മേല്യനായ ഓബീലും കഴുതകൾക്ക് മെരോനോത്യനായ എഹ്ദയാവും മേൽവിചാരകർ ആടുകൾക്ക് ഹഗ്രിയനായ യാസീസ് മേൽവിചാരകൻ ഇവരെല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു ദാവീദിന്റെ ചിറ്റപ്പനായ യോനധാൻ ബുദ്ധിമാനായൊരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു ഹക്മോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസി ആയിരുന്നു അഹിതോഫേൽ രാജമന്ത്രി അർഖ്യനായ ഹൂഷായി രാജമിത്രം അഹിതോഫേലിന്റെ ശേഷം ബനായാവിന്റെ മകനായ യഹോയാദയും अब्याधार्यम मंत्री राजावि सैनाधिपति योवाब